അറബികൾ നിന്നെ പിടിക്കുന്നതിന് മുൻപ് ഞങ്ങൾ നിന്നെ പിടിക്കും അവർ നിന്നെ കൊല്ലുന്നതിന് മുൻപ് ഞങ്ങൾ നിന്നെ കൊല്ലും അതുകൊണ്ട് നീ പറയുന്ന ആദർശം ഇപ്പോൾ ഉപേക്ഷിക്കുക നിന്നെ എന്തായാലും ഞങ്ങൾക്ക് സഹായിക്കുക സാധ്യമല്ല കാരണം മറ്റ് അറബികൾ അവർ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അബുലഹബി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ജനങ്ങളെല്ലാവരും പിരിഞ്ഞുപോയി അബുൽ അഹബിന്റെ സംസാരം കേട്ടപ്പോൾ ആളുകളെല്ലാം പിരിഞ്ഞുപോയി അന്നേ ദിവസം അലി വസല്ലം അവരോട് മറ്റൊന്നും സംസാരിച്ചില്ല അവിടുന്ന് വീണ്ടും അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ചു കൊടുത്തു അവിടുന്ന് തന്റെ സംസാരം ആരംഭിച്ചു സീറയുടെ ഗ്രന്ഥങ്ങളിൽ ആ സംസാരം ചുരുങ്ങിയ രൂപത്തിൽ വന്നിട്ടുണ്ട് അവിടുന്ന് പറഞ്ഞു അൽഹി അഹമ്മ എന്ന് തുടങ്ങുന്നില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അറബികൾ യാത്ര പുറപ്പെട്ടുകഴിഞ്ഞാൽ വഴി കാണിക്കാൻ വേണ്ടി ഒരാൾ അവർ നിശ്ചയിക്കും അയാളാണ് വെള്ളം എവിടെയാണുള്ളത് വിശ്രമിക്കാനുള്ള സ്ഥലം എവിടെയാണുള്ളത് എന്നതൊക്കെ യാത്രക്കാർക്ക് പറഞ്ഞുകൊടുക്കുക ഒരു വഴികാട്ടി റസൂൾ പറഞ്ഞു വഴികാട്ടിയായ ആളുകൾ അവരൊരിക്കലും തന്റെ ഒപ്പമുള്ള ആളുകളോട് കളവു പറയുകയില്ല വല്ലാഹിലും ജനങ്ങളോടെ എല്ലാവരോടും ഞാൻ കളവ് പറഞ്ഞാലും നിങ്ങളോടും ഞാൻ കളവ് പറയില്ല വലവു കറർത്തുന്ന സജമി എന്ന കറർത്തുക്കും ജനങ്ങളെ എല്ലാം ഞാൻ വഞ്ചിച്ചാലും നിങ്ങളെ ഞാൻ വഞ്ചിക്കുകയില്ല നിങ്ങളെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് എന്റെ കുടുംബക്കാരാണ് ഇതൊക്കെ കുടുംബത്തോട് അപകത്ത് നടത്തുമ്പോൾ പാലിക്കാൻ സാധിക്കുന്ന ഹെഗ്മത്തുകളിൽ പെട്ടതാണ് നമുക്കവരോടുള്ള സ്നേഹം നമുക്ക് അവരോടുള്ള അടുപ്പം അതൊക്കെ എടുത്തു എന്നത് നബിസ്വല്ലാഹു അലി ഹുസലമി പറഞ്ഞതിന്റെ അർത്ഥം റസൂൾ മറ്റ് ജനങ്ങളെ വഞ്ചിക്കുമെന്നല്ല നബിസ്വല്ലാ വസ്സലം മറ്റാളുകളോട് കളവ് പറയുമെന്നല്ല മറിച്ച് അവരോടുള്ള റസൂൾ ഉള്ളയുടെ ഇഷ്ടം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ നിന്ന് അപ്രകാരം പറഞ്ഞത് എല്ലാവരോടും ഞാൻ കളവ് പറഞ്ഞാൽ നിങ്ങളോട് കളവ് പറയും എല്ലാവരെയും ഞാൻ വഞ്ചിച്ചാൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയില്ല നബിസ്വല്ലാഹു അലി ഹുസലമിയാകട്ടെ ഇതുവരെ ഒരാളോട് പോലും കളവ് പറഞ്ഞിട്ടില്ല അത് അവർക്ക് അറിയുകയും ചെയ്യാം എന്നിട്ട് നിയോഗിക്കപ്പെട്ട ജനങ്ങളിലേക്ക് മൊത്തമായും നിങ്ങളിലേക്ക് പ്രത്യേകമായും അള്ളാഹു തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങൾ ഉറക്കത്തിലേക്ക് എഴുതി വീഴുന്നത് പോലെ നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്തായാലും മരിക്കും നിങ്ങൾ ഉറങ്ങുന്നത് പോലെ തന്നെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും പരലോകത്തല്ലാഹു സുഭാനു ആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഏതുപോലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു വിചാരണ ചെയ്യുക തന്നെ ചെയ്യും തിന്മ പ്രതിഫലമായി നൽകപ്പെടും ഒന്നല്ലെങ്കിൽ അവിടെ ശാശ്വതമായ എന്നേക്കുമുള്ള സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകമുണ്ട് അറബികളിൽ ഒരു യുവാവിനെയും എനിക്ക് അറിയില്ല ഞാൻ ഈ നിങ്ങളോട് പറയുന്നതിനേക്കാൾ നന്മയുള്ള ഒരു കാര്യം പറഞ്ഞ മറ്റൊരു യുവാവിനെയും എനിക്കറിയില്ല നിങ്ങൾ ഇതൊക്കെ ദാവത്തിലെ റസൂൾ ഹിസ്വല വസ്ലും പാലിച്ച ഹിക്മത്താണ് അവിടുത്തെ വാക്കുകൾ നോക്കൂ നിങ്ങൾ അവരുടെ മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ് സൂക്ഷ്മമായ വാക്കുകളാണ് മരണത്തെക്കുറിച്ച് റസൂള്ള ഓർമ്മപ്പെടുത്തി മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം വെറുതെ പോകില്ല മറിച്ച് നിങ്ങൾക്ക് ഹയാത്ത് വീണ്ടും മരിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കാനുണ്ട് ഇതൊക്കെ ഏതൊരാളോട് ദാവത്തിനടുത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ചില ആളുകൾ പ്രബോധനം ആരംഭിക്കുന്ന തർക്കത്തിന്റെ സ്വഭാവമായിട്ടാണ് തർക്കത്തിന്റെ സ്വരവുമായിട്ടാണ് റസൂറുള്ള അങ്ങനെയല്ല പറഞ്ഞത് സല്ലി വസ്സല്ല അവിടുന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തു നന്മ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് തിന്മ ചെയ്താൽ പ്രതിഫലമുണ്ട് എന്നിട്ടാണ് വസ്ലാം ഈ വാക്കുകളൊക്കെ പറഞ്ഞത് എന്നിട്ട് അവിടുന്ന് ദുനിയാവിലും ആഹ്റത്തിലും നന്മ നിറഞ്ഞു നിൽക്കുന്ന കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്റെ സാഹിബാകാൻ എന്റെ സഹോദരനാകാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് എനിക്ക് ബയഴുത്ത് നൽകാനുള്ളത് അലി വസല്ലം അവിടെ നിർത്തി അപ്പോൾ അബു പാലിബ് അദ്ദേഹം പറഞ്ഞു നിന്നെ സഹായിക്കുക എന്നത് അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നിന്റെ ഈ ഉപദേശം അത് സ്വീകരിക്കുക എന്നതാകട്ടെ ഞങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് ഇതാ ഇവരെല്ലാവരും നിന്റെ കുടുംബക്കാരാണ് നീ ഈ പറയുന്ന കാര്യത്തോട് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്കാണ് നിന്നോടെന്താണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അത് നീ നടപ്പിലാക്കുക ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും Have the ും വിടാതെ ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്നാൽ അബ്ദുൾ മുഖ്താലിബിന്റെ ദീൻ ഒഴിവാക്കാൻ എന്റെ മനസ്സിനെ സമ്മതിക്കുന്നില്ല അബ്ദുതാലിബിന് വളരെ നീണ്ട കവിതയുണ്ട് നബിസൊല്ലാഹു അലഹി വസ്സല്ലമയുടെ ദീനിനെ പുകഴ്ത്തിക്കൊണ്ടും റസൂൾ ഉള്ളയെ വളരെ പ്രസിദ്ധമായ റഹിമഅല അദ്ദേഹം പറഞ്ഞതായി കാണാം അറബ് അറബി കവികൾ എഴുതിയ കവിതകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന കവിതയാണ് ഈ കവിത എന്ന് ബിനു കസീർ പറഞ്ഞതായി അങ്ങനെ അബൂ താലബ് സംസാരം അവസാനിപ്പിച്ചപ്പോൾ അബുലഹബ് വീണ്ടും എഴുന്നേറ്റു അയാൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു റസൂൽ ഹിസാഹു അലൈഹി വസ്ലമെ ആളുകൾക്ക് മുന്നിൽ ആക്ഷേപിച്ചു നീ കൊണ്ടുവന്ന ആദർശം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കൊറൈഷികൾ ഒന്നാകെ നാശത്തിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തി ഒപ്പം കൂടിയ ആളുകളോട് പറഞ്ഞു ഇവനെ നിങ്ങൾ സഹായിച്ചാൽ അറബികൾ ഒന്നാകെ നിങ്ങളെ കുഴിച്ചുമൂടും അതുകൊണ്ട് ഒരിക്കലും മുഹമ്മദിനെ നിങ്ങൾ പിൻപറ്റരുത് അപ്പോൾ സഫയ്യ സല്ലാഹു അലീഹു വസ്സല്ലമയുടെ എളാമയാണവർ അവർ പറഞ്ഞു അല്ലയോ സഹോദര നീ ആഗ്രഹിക്കുന്നത് നിന്റെ സഹോദരന്റെ മകൻ അവൻ നശിച്ചു കാണാനാണോ എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട് അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയിൽ ഒരു നബി വരാനുണ്ട് ഇദ്ദേഹമാണ് അദ്ദേഹം അഹമ്മദാണ് അദ്ദേഹം ഇനി എന്താണ് നിനക്ക് സംശയം അപ്പോൾ അബ്ദുൽ അയാളുടെ സ്വഭാവം എത്ര വൃത്തിയിട്ട സ്വഭാവമായിരുന്നു എന്ന് മനസ്സിലാക്കാവുന്ന വാക്കയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു ഇതൊക്കെ നിങ്ങളുടെ പെണ്ണുങ്ങൾ അവരുടെ വർത്താനം അവരുടെ റൂമിൽ പോയി പറയട്ടെ ഇവിടെ അവർ സംസാരിക്കേണ്ടതില്ല അവൻ സത്യം പറഞ്ഞപ്പോൾ സഫയെ ആട്ടി പറഞ്ഞയച്ചു അവർ അവന്റെ ആദർശത്തെ നന്നാക്കി പറഞ്ഞിരുന്നെങ്കിൽ ലാബുലഹബിന്റെ പിഴച്ച മാർഗം അതിന് അയാളെ ഏറ്റവും സഹായിച്ചിരുന്ന ആളാരാണ് അബൂൽ അഹബിന്റെ ഭാര്യയാണ് എന്നാൽ അവന്റെ കള്ളത്തരത്തിന് വിരുദ്ധമായി നിന്നപ്പോൾ അവൻ പെണ്ണുങ്ങളോട് വീട്ടിന്റെ പോകാൻ പറഞ്ഞു അവനോട് യോജിച്ച് നിന്ന് അവന്റെ ഭാര്യയെ അവൻ ഏറ്റവും സഹായിക്കുകയും ചെയ്തു അബ്സള്ളഹു വസ്സലാമ ഉപദ്രവിച്ച ആളുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് ഒന്ന് അബുലഹബും അബുൽ അഹബിന്റെ ഭാര്യയും അങ്ങനെ അബ്സല്ലാ അലി വീട്ടിൽ നിന്ന് അന്ന് ആളുകളെല്ലാം തിരിച്ചുപോയി റസൂലാഹി സാഹുഅലി വസ്ലം അവിടുത്തെ അവിടുത്തെ ആളുകൾക്ക് എത്തിക്കാൻ അടുത്ത വഴി അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ നബിസൊല്ലാഅലി വസ്ലം ഒരു ദിവസം അവിടുന്ന് സ്വഹാക്കുന്നിന്റെ മുകളിൽ കയറി എന്നിട്ട് നബിസല്ലാഹുഅലി വസ്ല്ലം അവിടുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു യാ സ്വബാഹ് യാ സ്വബാഹ് എന്ന വാക്ക് യുദ്ധത്തിന് ശത്രുക്കൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവർ താക്കീത് നൽകുന്നതിനു വേണ്ടി വിളിച്ചു പറയുന്ന വാക്കാണ് എന്തെങ്കിലും അപകടം വരുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞിരുന്ന വാക്കാണ് യാസൂലി വസ്ല്ലം സൊഫാകുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അലഹി വസ്ല്ലമ്മയുടെ വിളി കേട്ടപ്പോൾ അവർ ചോദിച്ചു മനഹാദ ആരാണ് ഈ വിളിക്കുന്നത് അവർ പറഞ്ഞു മുഹമ്മദാണ് ശബ്ദം കേട്ട് ആളുകൾ ഒരുമിച്ചുകൂടി എത്ര വരെ ചില ആളുകൾ അവർക്ക് നടക്കാൻ വയ്യ അപ്പൊ ആരെങ്കിലൊക്കെ പറഞ്ഞു എന്തിനാണ് വിളിക്കുന്നത് എന്നറിയാൻ വേണ്ടി അങ്ങനെ ആളുകൾ അലിഹു വസ്ലയുടെ അടുക്കൽ ഒരുമിച്ചുകൂടി അപ്പോൾ റസൂലോടായി ചോദിച്ചു നിങ്ങളോട് ഞാൻ പറയുകയാണ് നാളെ പുലർച്ചെ നിങ്ങളെ അക്രമിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ കുന്നിനപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെന്നെ സത്യപ്പെടുത്തുമോ നിങ്ങളെന്നെ വിശ്വസിക്കുമോ അവരെല്ലാവരും പറഞ്ഞു നാം ഉറപ്പായും വിശ്വസിക്കും കാരണം നീ ഇതുവരെ കളവ് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരലോകത്ത് വരാനിരിക്കുന്ന ഒരു ശിക്ഷ അതിനെ കുറിച്ച് താക്കീത് ചെയ്യുന്ന ഞാൻ പറഞ്ഞു അല്ലയോ കുറൈഷികളുടെ സമൂഹമേ ഇഷ്ടക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ വിലക്ക് വാങ്ങുക ശരീരങ്ങൾ വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു സുബാനഹ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം അതിനൊരു വിലയുണ്ട് എന്താണ് അതിന്റെ വില അള്ളാഹുവിനുസരിക്കുക എന്നതാണ് അതിന്റെ വില ഈ ശരീരം അള്ളാഹു സുബാനഹുവച്ച ആല നമുക്ക് നൽകിയ ശരീരമാണ് ഈ ശരീരത്തിന്റെ വില എന്താണ് അള്ളാഹു സുബാനഹുവച്ച ആലയുടെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അത് അനുസരിക്കാത്തവൻ അള്ളാഹുവിന്റെ കടം കിട്ടിയിട്ടില്ല അത് ശരിയായ രൂപത്തിൽ പൂർത്തീകരിച്ചവൻ അള്ളാഹുവിന്റെ കടം കിട്ടിയിരിക്കുന്നു അവന് സ്വർഗമുണ്ട് എന്നിട്ട് നബ്സുലഹലം പറഞ്ഞു അള്ളാഹുവിൽ നിന്നൊരു കാര്യവും നിങ്ങൾക്ക് നേടിത്തരാൻ എനിക്ക് സാധിക്കുകയില്ല എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഹിഷയ്യ അബ്ദു മനാഫിന്റെ കുടുംബമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ സാധിക്കുകയില്ല പ്രസമുള്ള ഓരോ വീട്ടുകാരെയും ഓരോ കുടുംബക്കാരെയും വിളിച്ചു അവസാനം അവിടുന്ന് പറഞ്ഞു നിനക്ക് ഉദ്ദേശിക്കുന്ന സമ്പാദ്യം എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ചോദിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ അടുക്കൽ നിനക്കൊന്നും നേടിത്തരാൻ എനിക്ക് സാധിക്കുകയും നബിസല്ലാഹു അലഹി വസ്ല്ലം സഫാഖുന്നിന്റെ മുകളിൽ നിന്ന് അവിടുന്ന് പറഞ്ഞ ഈ വാക്കുകൾ അത് കേട്ടപ്പോഴാണ് അബു ലഹബ് അയാൾക്ക് റസൂൾ ആദർശം മുന്നേ തന്നെ അറിയാം നബിസല്ലാഹു അലൈഹു വസ്ല്ലം അവിടുന്ന് ക്ഷണിക്കുന്നത് എന്തിലേക്കാണ് എന്ന് അബു ലഹബിന് അറിയാം എന്നാൽ ജനങ്ങൾക്ക് മുന്നിൽ നബിസൊല്ലാഹു അലൈഹു വസ്ല്ലം എഴുന്നേറ്റ് നിൽക്കുന്നത് അന്നാണ് സഫാകുന്ദ്രന്റെ മുകളിൽ വെച്ചാൽ അതിനു മുൻപുള്ളതൊക്കെ വീട്ടിനുള്ളിൽ ആളുകളോട് രഹസ്യമായി കാര്യമായി അന്ന് നടന്നത് അവത്ത് ഓരോ വ്യക്തി ഓരോരുത്തരെ കാണാം എന്നിട്ട് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുക്ക ഇതാണ് കാര്യമായി നടന്നത് ആവത്ത് എന്നാൽ അന്നാണ് വസ്ലാം ആദ്യമായി ജനങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂൽ ഹിസാഹ് അലി വസ്ല്ലം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബുലഹബ് പറഞ്ഞു നിനക്ക് നാശമുണ്ടാകട്ടെ അലിഹാജന ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് അബൂലഹബ് അവൻ അറിയാം അലി വസ്ല്ലം ഈ ദാവത്ത് നടത്തുന്നയാളാണ് എന്ന് പക്ഷെ അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ട് പറഞ്ഞ് നിനക്ക് നാശമുണ്ടാകട്ടെ ഇതിനാണോ നീ ഒരുമിച്ച് കൂട്ടിയത് ഞങ്ങളെ ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാന ഖുർആനിൽ ആയത് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത് ഈ സന്ദർഭത്തിലാണ് ശരി റസൂൾ അള്ളാഹ് ഇസാഹ് അലൈഹി വസ്സലം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി ആദ്യമാദ്യം നിങ്ങൾ കേട്ടതുപോലെ ഇത്രയും കേട്ട സംഭവങ്ങളിലൊക്കെ റസൂൾ ഉള്ള പറഞ്ഞത് നരകത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് റസൂലാണ് ഇസ്ലാം സ്വീകരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റസ്വല്ലാ വസ്ലാം ആദ്യമാദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അവിടുന്ന് അടുത്ത ഘട്ടമായി ഷിർക്കിനെതിരെ ശക്തമായി സംസാരിക്കാൻ തുടങ്ങി ഷിർക്കിനെതിരെ സംസാരിക്കുന്നതിന്റെ ഭാഗമാണ് അവരുടെ ആരാധ്യ വസ്തുക്കളെ റസൂർഹിാഹു അലീഹു വസ്ലം വിമർശിക്കാൻ തുടങ്ങി റസൂറുള്ള വിഗ്രഹങ്ങളെ ചൂണ്ടി ഇതിന് കേൾക്കുകയില്ല അതിന് കാണുകയില്ല നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത് ഗുരുതരമായ തെറ്റാണ് എന്നിങ്ങനെ വിഗ്രഹങ്ങളെ അവരുടെ ആരാധ്യ വസ്തുക്കൾഹു അലീഹു വസ്ലം അവിടുന്ന് ആക്ഷേപിക്കാൻ തുടങ്ങി അതോടുകൂടി മക്കയിലെ പുറയ്ശികൾ ഒന്നാകെ ഇളകിമറങ്ങു അതിന് മുൻപുണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ കവച്ചുവെക്കുന്ന രൂപത്തിൽ കടുത്ത എതിർപ്പുകൾ ആരംഭിക്കുന്നതിന് അവരുടെ ആരാധ്യ വസ്തുക്കളെ അതിനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് പറഞ്ഞതോടുകൂടി അവർക്ക് പിന്നെ പറ്റാതെ അതായിരുന്നു അവർക്ക് മനസ്സിൽ ഏറ്റവും പ്രയാസമുണ്ടാക്കിയത് അവൻ എല്ലാ ഇലാഹുകളെയും കൂടി ഒരറ്റ ഇലാഹാക്കിയിരിക്കുന്നു ഇത് വളരെ അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ് ചില നബിമാർ വന്നപ്പോ അവരുടെ സമൂഹം പറഞ്ഞതുപോലെ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളുടെ കാര്യത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക ഇവനീ പറയുന്ന വർത്തമാനം അത് സംശയിക്കപ്പെടേണ്ട കാര്യമാണ് അവർക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കിയത് അവരുടെ ആരാധ്യ വസ്തുക്കൾ ആക്ഷേപിച്ചതാണ് ഇതിന് കേൾക്കില്ല ഇതിന് കാണില്ല ഇതിന് നിങ്ങൾക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങൾ അള്ളാഹു അത് ചെയ്യണമെന്ന് പറഞ്ഞതിനോടൊപ്പം അള്ളാഹുഹു അലൈഹു വസ്ലം അവരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിച്ചു തവഹീദിന്റെ പ്രധാനപ്പെട്ട രണ്ടു ഭാഗങ്ങളാണിത് എന്ന കെലിമത്ത് നിലനിൽക്കുന്നത് ഈ രണ്ട് റുഖ്നുകളിലാണ് ഈ രണ്ട് അടിസ്ഥാനങ്ങളിലാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്നതുകൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്നത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടേണ്ടത് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന് പുറമെ ഉള്ളവർക്ക് നൽകപ്പെടുന്ന ആരാധനകൾ അങ്ങേയറ്റം അനർഹമാണ് അത് ഏറ്റവും വലിയ അതിക്രമമാണ് വൃത്തികേടാണ് വിചാരത്തെക്കാൾ മറ്റ് തിന്മകളെക്കാൾ മോഷണത്തെക്കാൾ കൊലപാതകത്തെക്കാൾ ഗുരുതരമായ കാര്യമാണ് അതാണ് അവർക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കിയ വിഷയം അതാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം അത് പറഞ്ഞപ്പോഴാണ് അവരുടെ ബിസലഅ അലിഹി വസല്ലമക്കെതിരെ തിരിയാൻ തുടങ്ങിയത്